അങ്ങനെ അവർ യാത്ര തുടർന്നു അവർ ഒരു ബാലനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം അവനെ കൊന്നു അപ്പോൾ അവൻ ചോദിച്ചു മറ്റൊരു ജീവനെ കൊന്നതിനു പകരമായി നിഷ്കളങ്കനായ ഒരു ജീവനെ താങ്കൾ കൊന്നുവോ തീർച്ചയായും താങ്കൾ അങ്ങേയറ്റം ക്രൂരമായൊരു കാര്യമാണ് ചെയ്തത്